തൃതീയവേ ഊർധ്വമൂലോ ശുദ്ധ സനത ശുക്രം തദ് ते ते सर्वे മൃതമു തോകൃതം ജഗത്സവം ൂര്യ യാസ്രസേഷ ശരീരത്തെ <depend Alter> <imitanka> <verloren> Missy opioane ldigt habthā dove Fonda yelling per這樣 per aiよろひ morally嘿っていう ontec� Tallagantar vanoquy Hyungyātapayyory v객 bhramal Interviewer �ח seconds per हूदLo Kī 마at Kammanda 가ğlerte ronting di en enquanto di that. Â Assim per aihoo r curved Danik in Thradara Ghandar vanoмотрiy uti t крайātapayyori va brahma lowke diluding h gruppalole day udrilu ustomed Ll formation per sanat ar Ben吗ожно, Karere o questa Г Украї w häntý 시 fr poss innovation between Hirdenden caas gallantar vanoke by roles vanoong profil dhr suggest Chandrayana z Circantraje tasavari v avaient in situ il week on electها ÿ for they is there Per they could not به no would be any who nas mastbaragingly uke had ഉദയാസ്തമയോചയത് പൃഥകുമാോചത്തി പരം മനോ മനസു സിമഹത്മാ ിംഗർ മൃദ ത്വം ജഗ്ചതി സന്ദർശി തിഷത്തി ചുഷാ പശ്യോദ തിഷന്തി മനസാ സഹ യോഗോ ഹി പ്രഭവാപ്യയോ वा मनसा, മനസും ശക്ോ ന ചുഷാ അതിുവദം തേവോപലബവ്യോഭാവന ചോഭയോ ൃതി ശ്രു അത മദ്യോമൃതോ അത്ര ശൃദയസ്യ താസ മൂർധാനം അഭിസ്രൃതൈസ തയോർധം ആയതേതിന്വുഷ്ടത്ര പുരുഷോന്ദ്രത്മാ ജന സവിഷ്ട ോക്തോധ യോഗവിധി ബ്രഹ്മ പ്രാപിരജോ ഭൂമു അനോപ്യം യോ വിദ്യാത്മമേവ പതിനാലാമത്തെ മന്ത്രമാണ് കഴിഞ്ഞ മന്ത്രങ്ങളിൽ അവസാനം ചർച്ച ചെയ്തത് ആത്മ അല്ലെങ്കിൽ ബ്രഹ്മം അത് പ്രപഞ്ചത്തിന് ആധാരമായി നിലനിൽക്കുന്നു അതിൻ്റെ അനുഭവം പ്രകടമായ ഭാവമാണ് അസ്തിവം പക്ഷെ അവിടെ പ്രത്യേകം പറഞ്ഞു നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അസ്തിത്വം ഇത് ആത്മാവിന്റെ പൂർണതയല്ല മറിച്ച് അത് സത് അസത് ഭാവങ്ങൾക്ക് അപ്പുറമാണ് അതിന്റെ പരിച്ഛിന്നമായ ഭാവമാണ് അസ്തിത്വത്തിലൂടെ വെളിപ്പെടുന്നത് ത്മാവ് സദാ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു സ്വയം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അതിന്റെ പൂർണതയിലല്ല പൂർണതയിലാണെങ്കിൽ പിന്നെ അതിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല അതിന്റെ പരിച്ഛിന്നമായ അങ്ങനെ പറഞ്ഞു സോപാധികമായ ഭാവത്തിൽ അത് പ്രപഞ്ചത്തിൽ അനിശ്ചിതമായി അനുഭവപ്പെടുന്ന അസ്തിത്വം അസ്തിലൂടെ അസത്തെ അനുസന്ധാനം ചെയ്ത് അസത് എന്ന രണ്ടു ഭാവത്തിനും അപ്പുറമുള്ള ഇതാണ് കഴിഞ്ഞ മന്ത്രങ്ങളിൽ പറഞ്ഞത് ഏവം പരമാർത്ഥദർശന അടുത്ത ഭാഷകാരം പറയാണ് ഇങ്ങനെ ആത്മാവ് വാസ്തവത്തിൽ സദസ ുപരിയാണ് എന്നിങ്ങനെ ആത്മാവിന്റെ അപരിച്ഛിന്നമായ നിരുപാധികമായ മനസിലാക്കുന്ന ഒരുവനും അവനാണ് പരമാർത്ഥത്തെ അറിയുന്നത് അവൻ എന്ത് സംഭവിക്കുന്നു എന്നാണ് അടുത്ത് പറയുന്നത് Madha Maratyo Amardho Bhavati. Aptra Brahma Samashnuti. Aashitan Yeda Esminkane. Sarve Kama. Kama Itavya Sya. Anya Sya. Abhava Pramichyande. Vishyande. Vishyande. തിബോധാൽ വിദുഷോ ഹൃദി ബുദ്ധോ ആശ്രിതോധാ പ്രതിബോധ ആത്മബോധ അതുണ്ടാകുന്നതിന് മുമ്പ് ആത്മബോധം ഉണ്ടാകുന്നതിന് മുമ്പ് വിദുഷ ഹൃദി ബുദ്ധവും ഈ വിദ്വാന്റെ ഹൃദയത്തിൽ അവന്റെ അന്ധകരണത്തിൽ നടത്തുന്നതാണ് ബുദ്ധവും അവന്റെ അന്ധകരണത്തിൽ ഉണ്ടായിരുന്ന സർവേ കാമാ എല്ലാ കാമങ്ങളും എല്ലാ കാമനകളും സർവ ഇച്ഛകളും യഥാ യസ്മിൻ കാലേ സമയത്താണോ നശിക്കുന്നത് ഒരു സാധകൻ ആത്മാവിനെ കുറിച്ച് അയാൾക്ക് സാമാന്യമായ ജ്ഞാനം ഉണ്ടായി അതിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി അയാൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ സംസ്കാര രൂപത്തിലും പ്രകടമായ ഭാവത്തിലും കാമനകൾ സ്ഥിതി ചെയ്യുന്നു പ്രാക് പ്രതിബോധാതെന്ന് പറഞ്ഞു ബോധം ഉണ്ടാകുന്നതിന് മുമ്പ് എന്നാൽ ബോധത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവന്റെ ഈ കാമനകളെല്ലാം നശിക്കുന്നു അതാണ് യഥാ യസ്മിൻ കാല അങ്ങനെ നശിക്കുന്ന ഒരു സമയം വരും അങ്ങനെ നശിക്കുന്ന മങ്ങൾ നശിക്കുന്ന സമയത്താണ് അവൻ മുക്തനായിത്തീരുന്നത് ജ്ഞാനം കൊണ്ട് കാമങ്ങളുടെ പൂർണമായ നാശം സംഭവിക്കണം അങ്ങനെ സംഭവിച്ചാലേ ഒരാൾക്ക് മോക്ഷം കരഗതമാകുകയുള്ളു ജീവിച്ചിരിക്കുക തന്നെയുള്ള മോക്ഷം ഈ കാമങ്ങൾ എവിടെ സ്ഥിതി ഇവിടെ പ്രത്യേകം പറഞ്ഞു ഹൃദിശ്രതാഹ അവന്റെ അന്ധകരണത്തിലാണ് കാമങ്ങൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞു അതൊന്നുകൂടി വിശദീകരിക്കുകയാണ് അടുത്ത് കാമങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞു എന്തുകൊണ്ട് ഞാനീ സംബന്ധിച്ച് കാമങ്ങൾ പൂർണമായും നശിക്കുന്നു അതാണ് വിശദീകരിക്കുന്നത് കാമയിതസ് കാമയിതവ്യ അന്യസ്യ അഭാവമാണ് കാമയിം കാമിക്കേണ്ടതായ ആഗ്രഹിക്കേണ്ടതായ അന്യസ്യഭാവ മറ്റൊന്നില്ലാത്തതുണ്ട് അതുകൊണ്ട് കാമങ്ങളെല്ലാം നശിക്കുന്നു പ്രമുച്യന്ത്വിടെ പറയുന്നത് കാമത്തിന് കാരണമായിരിക്കുന്നത് ദ്വൈതബോധമാണ് തന്നിൽ നിന്നും അന്യമായി മറ്റ് ഒന്നുണ്ട് എന്നറിയുമ്പോൾ അതിനെ ഉദ്ദേശിക്കുകയോ കാമിക്കുകയോ എന്തെങ്കിലും ചെയ്യും രണ്ടെന്നുള്ള ബോധമാണ് കാമത്തിന് കാരണം കാമം പൂർണമായും നശിക്കണമെങ്കിൽ രണ്ടെന്നുള്ള ബോധം നശിക്കുന്നു അന്യസ്യഭാവ തന്നൊന്നും അന്യമായിട്ട് മറ്റൊന്നില്ല എന്നറിയുമ്പോൾ കാമങ്ങൾ നശിക്കുന്നു എന്നാണ് അതാണ് കാമത്തിന്റെ പൂർണ്ണനാശത്തിന് കാരണം അദ്വൈത ബോധമാണ് എന്ന് ഭാഷകാരൻ പറയുന്നു പല ഭാഗങ്ങളിൽ പറയും മറ്റ് സാധനകൾ ജപവും തപവും മറ്റും കാമത്തെ നശിപ്പിക്കത്തില്ല അതെല്ലാം നശിപ്പിക്കും പക്ഷെ അത് കൊണ്ട് പൂർണമായ നാശം ഉണ്ടാകത്തില്ല സർവകർമാണി ഭസ്മ സത്കുരുതേ ഏതെങ്കിലും പറയുന്നത് ഞാനാഗ്നിയാണ് സർവ്വകർമ്മങ്ങളെയും കർമ്മങ്ങളെന്ന് പറയുമ്പോൾ കർമ്മബീജങ്ങളായിരിക്കുന്ന കാമങ്ങളെയും സർവത്തെയും ആ ജ്ഞാനമേ നശിപ്പിക്കത്തുള്ളൂ അതും എന്തെങ്കിലും ജ്ഞാനം പോരാ ഇവിടെ ഭാഷകാരം പറയുന്നത് അദ്വൈതബോധം തന്നെ വേണം തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മനുഷ്യൻ കാമിക്കും അല്ലെങ്കിൽ വിദ്വേഷിക്കും അപ്പോ അദ്വൈതബോധം ഉള്ളിടത്തോളം കാരണം കാമനകൾ നശിക്കത്തില്ല അദ്വൈത ബോധം കൊണ്ട് മാത്രമേ കാമനകൾ നശിക്കത്തുള്ളൂ അതാണിവിടെ വ്യക്തമായി പറയുന്നത് കാമയിതവ്യസ്യ കാമിക്കപ്പെടേണ്ടതായ അന്യസ്യ ഭാവ മറ്റൊന്നില്ലാത്തത് കൊണ്ട് ഇല്ലാത്തതുകൊണ്ട് സർവകാമങ്ങളും നശിക്കുന്നു അപ്പൊ കാമങ്ങളിരിക്കെ ആത്മബോധം എങ്ങനെ ഉണ്ടാകും കാരണം ആത്മബോധം കൊണ്ട് കാമം നശിക്കണമെന്നു ആത്മബോധം ഉണ്ടായിട്ട് കാമം നശിക്കുക എന്ന് പറയുമ്പോൾ കാമം ആത്മബോധത്തിന്റെ തടസ്സമാധത്തിന്റെ എന്നൊരു സംശയം വരാം വാദ്യം കാമം നശിക്കണം അല്ലെങ്കിൽ അർമ്മബോധം ഉണ്ടാവണം പക്ഷെ അത് ബോധം ഉണ്ടാകുന്നതിന് തടസ്സമായി നിൽക്കുന്നത് അതെങ്ങനെ സംഭവിക്കും അത് സമകാലത്തെ സംഭവിക്കുന്നതാണ് അന്ധവിധികൾ പറയുന്നത് എപ്പോഴാണോ ബോധം ഉണ്ടാകുന്നത് കാമെന്തുകൊണ്ട് തടസ്സമാകുന്നില്ല ആത്മബോധത്തിന് ആത്മബോധത്തിന് മറ്റൊന്നും തന്നെ തടസ്സമാണ് അതിനെ തടസ്സപ്പെടുത്താൻ ശക്തിയുള്ള മറ്റൊന്നും ഇല്ല കാമൊന്നല്ല മറ്റൊന്നും തന്നെ ആത്മബോധത്തെ തടസ്സപ്പെടുത്തുന്നതിന് ശക്തിയുള്ള മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആത്മബോധം ദുർബലമാണെന്ന് വരും അപ്പൊ ദുർബലമായ ഒന്നിന് ഒരിക്കലും ആത്യന്തികമായി ഇതിനെയൊന്നും നശിപ്പിക്കുന്നതിനുള്ള ശേഷി പ്രകാശം വന്നുകഴിഞ്ഞാൽ ഇരുട്ട് നശിച്ചേ പറ്റൂ അതുപോലെ ആത്മബോധത്തിന് ഒരിക്കലും ഇതൊന്നും തന്നെ തടസ്സമല്ല പിന്നെ ഇതെല്ലാം തടസ്സമായി നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇതൊന്നും ആത്മബോധം പ്രകാശിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഇതൊന്നുമല്ല അത് സാധകന്റെ യോഗ്യത ആ യോഗ്യതയുടെ പരിപക്വമായ അവസ്ഥയിൽ ആത്മബോധം പ്രകാശിക്കുന്നു അവിടെ ഇതൊന്നും തടസ്സമായി നിൽക്കുന്നില്ല സർവകർമ്മങ്ങളെയും ആ ജ്ഞാനം നശിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാനതിനൊന്നും തടസ്സമല്ല എന്ന് മനസിലാക്കാം പിന്നെ വാസ്തവത്തിൽ തടസ്സമാകുന്ന എന്താണ് ആ സാധകന്റെ യോഗ്യതയുടെ പരിപക്വത അത് പക്വമായ അവസ്ഥയെ പ്രാപിക്കുന്നതിന് ഈ കാമങ്ങളും മറ്റുമെല്ലാം തടസ്സമായിരിക്കും അപ്പോ ഒരു പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന കാമങ്ങൾ അതിനെ നശിപ്പിക്കുക അത് നശിപ്പിക്കുന്ന എന്താണ് ആ സാധനം സാധന പുരോഗമിക്കുന്നതിനനുസരിച്ച് കാമനകൾ നശിച്ചുകൊണ്ടേ വരും പക്ഷെ അതിന്റെ ആത്യന്തികമായ നാശം ഈ സാധനങ്ങൾ കൊണ്ട് ഉപായങ്ങൾ കൊണ്ടൊന്നും സാധ്യമല്ല ഒരു ഉപായങ്ങൾ കൊണ്ടും പൂർണമായും നശിപ്പിക്കാൻ സാധ്യമല്ല അത് ആത്മപ്രകാശത്തിലെ നശിക്കത്തുള്ളൂ ആത്മപ്രകാശത്തിൽ നിന്നും അതിനെ എതിരിട്ട് നിൽക്കുന്നതിന് ഇതിനൊന്നും കഴിവില്ലാത്ത കൊണ്ട് ഇതെല്ലാം പൂർണമായി നശിക്കുന്നു അതുകൊണ്ട് സാധനയുടെ പുരോഗതിക്ക് തടസ്സമായിരിക്കുന്ന കാമനകൾ തടസ്സമായിരിക്കുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം നശിക്കുന്നതിനനുസരിച്ച് സാധന പുരോഗമിക്കുന്നു ആത്മബോധത്തിൽ സർവത്തിന്റെയും ആത്യന്തികമായ നാശം വരുന്നു അതുകൊണ്ട് ഇതൊന്നും തന്നെ ആത്മബോധത്തിന് അതിന്റെ പ്രകാശത്തിൽ വെളിച്ചത്തിൽ എങ്ങനെയാണ് ഇരുട്ട് പൂർണ്ണമായും നശിക്കുന്നു അതുപോലെ ആത്മബോധത്തിൽ ഇതെല്ലാം പൂർണ്ണമായും നശിക്കുന്നു ഇതെന്തുകൊണ്ട് നശിക്കുന്നു കാരണം ഇത് സ്ഥിതി ചെയ്യുന്നത് ബുദ്ധിയിലാണ് ആത്മാവിലല്ല അതാണ് അടുത്ത് പറയുന്നത് ബുദ്ധരഹി കാമാന ആശ്രയവും ആത്മ ുദ്ധി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അന്ധക്കരണം മനസ്സ് എല്ലാം ചേർത്ത് പറഞ്ഞിരിക്കുക ഈ അന്ധക്കരണത്തിലാണ് കാമനകളെല്ലാം ഇരിക്കുന്നത് ആത്മാവിലല്ല ഇത് എടുത്തു പറയാൻ കാരണം എന്താണ് ചിലരെല്ലാം അങ്ങനെ ധരിച്ചിട്ടുണ്ട് ചില ദർശനങ്ങളിൽ അങ്ങനെ പറയുന്നുണ്ട് എന്താണ് ന്യായ വൈശേഷിക ദർശനങ്ങളിലെല്ലാം പറയുന്നത് എന്താണ് ആത്മാവിലാണ് തന്നെ ആയിരിക്കുന്നത് ആത്മാവിനെ ആശ്രയിച്ച് കാമം രാഗദ്വേഷങ്ങളെല്ലാം ഇരിക്കുന്നു എന്നാണ് പറയുന്നത് ഒരിക്കലുമല്ല ഇതെല്ലാം അന്ധകരണത്തിലാണ് ആത്മാവ് സച്ഛദാനന്ദ സ്വരൂപമായിരിക്കുന്നു അവിടെ യാതൊരു തരത്തിലുള്ള മാലിന്യങ്ങളുമില്ല അത് സ്വതപരിശുദ്ധമാണ് മറിച്ചതെല്ലാം സ്ഥിതി ചെയ്യുന്നത് കാമത്തിലാണ് കാമം തുടങ്ങിയതെല്ലാം സ്ഥിതി ചെയ്യുന്നത് അന്ധകരണത്തിലാണ് അതുകൊണ്ടാണ് ഇത് പൂർണ്ണമായും നശിക്കുന്നത് ആത്മാവിലിതിരിക്കുന്നു എന്ന് ധരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിന് ആത്യന്തികമായ നാശം സംഭവിക്കത്തില്ല അന്തകരണത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഇത് നശിക്കുന്നു എന്തുകൊണ്ട് ആത്മപ്രകാശത്തിൽ അജ്ഞാനം നശിക്കുന്നു അജ്ഞാനത്തെ അജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ അവിദ്യയുടെ പരിണാമമായിട്ടാണ് ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഇതിനെല്ലാം മൂല അവിദ്യ അജ്ഞാനം നശിക്കുമ്പോൾ അതിനെ ആചരിച്ചിരിക്കുന്ന സർവ്വവും നശിക്കുന്നു കാമങ്ങളും നശിക്കുന്നു പ്രത്യേകിച്ച് പിന്നെ കാമത്തെ നശിപ്പിക്കുന്നതിനൊരു പരിശ്രമത്തിന്റെ ആവശ്യമുണ്ട് മറ്റു തപസ്സുകളെല്ലാം കാമത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന തപസ്സുകളെല്ലാം ആത്മജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് ആവശ്യമായി വരുന്നത് തപസ്സുകൾ കൊണ്ട് നശിക്കും കാമങ്ങളല്ല പക്ഷെ അത് ആത്മബോധം ഇല്ലാത്തവനെ സംബന്ധിച്ചു ആത്മബോധമുള്ളവന് മറ്റൊരു തപസ്സിന്റെ ആവശ്യമില്ല നമ്മുടെ അജ്ഞാനം നശിക്കുന്നു അജ്ഞാനകാര്യമായിരിക്കുന്ന സർവ്വ കാമനകളും സർവവും നശിക്കുന്നു പൂർണമായും സമൂലം നശിക്കുന്നു വാസനകൾ ഉൾപ്പെടെ സർവവും നശിക്കുന്നു പിന്നീട് നിലനിൽക്കുന്നില്ല എന്തുകൊണ്ട് കാമാനം ആശ്രയവും ബുദ്ധി കാമങ്ങളുടെ എല്ലാം ആശ്രയമായിരിക്കുന്നത് ുദ്ധിയാണ് നശിക്കുന്നു മനസ്സ് നശിക്കുന്നു പിന്നെ കാമങ്ങൾ എവിടെ നിലനിൽക്കും ഒന്നും നിലനിൽക്കുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ആപ്തകാമസ്യ സ്പൃഹ ആപ്തകാമനാണ് ആത്മബോധത്തിലൂടെ സർവഭൂതങ്ങളെയും സുസ്വരവുമായി സാക്ഷാത്കരിച്ചവൻ പിന്നെ ഇവിടെ സ്പൃഹ നിലനിൽക്കും എന്നാണ് അവൻ കാമദ്വേഷങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല അന്ധകണ്ണത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നശിക്കുന്നത് അതിന് ശ്രുതി പ്രമാണമായി പറയുന്നു കാമഹ അടുത്ത് സങ്കല്പ ശ്രദ്ധ ശ്രദ്ധ ശ്രീ ഇങ്ങനെ ശ്രുതി പറയും കാമം സങ്കല്പം ശ്രദ്ധ തുടങ്ങി സർവവും ഇത്യാദി ഈ ശ്രുതികളിലും പറയുന്നുണ്ട് മറ്റു പല ശ്രുതികളിലും പറയുന്നുണ്ട് ഇതെല്ലാം അന്ധകരണത്തിൽ ഇരിക്കുന്നു ആത്മബോധം കൊണ്ട് ഇതിന്റെ എല്ലാം പൂർണമായ നാശം സംഭവിക്കത്തുള്ളൂ അതുവരെ അതിന്റെ ഭാഗികമായ നാശത്തിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് അത് സാധനയുടെ പുരോഗതിക്ക് ആവശ്യമാണ് അതുകൊണ്ട് അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാം പക്ഷെ ആത്യന്തികമായ നാശം മറ്റൊരു സാധനങ്ങൾ കൊണ്ടും സാധ്യമല്ല അദ്വൈത ബോധം കൊണ്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അവിടെ മറ്റൊന്നിനെയും കാമിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ില്ല ബുദ്ധിരഹി കാമാനാം ആശ്രയവും ബുദ്ധിയാണ് ഈ കാമങ്ങളുടെ എല്ലാം ആശ്രയം ആത്മാത്മാവല്ല കാമഹ സങ്കൽപ്പ ഇത്യാദി ശ്രുത്യന്താ ശ്രുത്യന്തരം അന്യശ്രുതി അത് പറയുന്നത് കൊണ്ടും നമുക്ക് മനസ്സിലാക്കാം ഇതെല്ലാം ബുദ്ധിയിലാണ് അതുകൊണ്ട് ബുദ്ധി നശിക്കുമ്പോൾ അജ്ഞാനം നശിച്ച് ബുദ്ധി നശിക്കുമ്പോൾ സർവ്വ കാമങ്ങളും നശിക്കുന്നു പ്പോളന്തസംിക്കുന്നു അധ മൂതോ രാസീത് സബോധോത്തരകാലമകലക്ഷണത്തി മൃത്യോ വിനശ അമൃതോ അധ അപ്പോൾ ഇവിടെ ശ്രുതി പ്രത്യേകം പറയുന്നു മർത്യഹ മർത്യൻ മരണധർമ്മ മരണധർമ്മമുള്ളവൻ എന്നാണ് മർത്യൻ അതുകൊണ്ട് ഇവിടെ ഭാഷ പ്രാഗ് പ്രബോധ മർത്യഹ ബോധം ഉണ്ടാകുന്നതിന് മുമ്പ് മാത്രമേ ആ ജീവൻ മർത്യനാകുന്നുള്ളൂ മരിക്കുന്നവനാകുന്നുള്ളൂ മർത്യൻ എന്ന് വെച്ചാൽ മരിക്കേണ്ടവൻ എന്നാണ് പ്രാഗ് പ്രബോധ ബോധം ഉണ്ടാകുന്നതിന് മുമ്പ് അദ്വീയബോധം ഉണ്ടാകുന്നതിന് മുമ്പ് അവൻ മർത്യനായിരുന്നു മർത്യഹാസി അതൊരു അവൻ മർത്യനായിരുന്നു മനുഷ്യനായിരുന്നു പ്രബോധ ഉത്തരകാലം ആത്മബോധത്തിന് ശേഷം ഏത് നിമിഷമാണോ അവനത് പ്രാപ്തമാകുന്നതിന് ശേഷം അവിദ്യ കാമ കർമ്മ ലക്ഷണ മൃത്യൂഹ അവൻ മർത്യൻ മരണ സ്വഭാവമുള്ളവൻ എന്തുകൊണ്ടായിരുന്നു എന്താണ് മരണം അത് പറയുന്നു മൃത്യു എന്ന് പറയുന്നത് എന്താണ് അവിദ്യ കാമകർമ്മ ഇതാണ് മൃത്യു അവിദ്യ കാമകർമ്മ ലക്ഷണസ്യ അവിദ്യ കാമ കർമ്മ അവിദ്യ കാമ കർമ്മ രൂപത്തിലുള്ള മൃത്യോഹു വിനാശ നാശം കൊണ്ട് അതാണ് മരണം എന്ന് പറയുന്നത് അമൃതോഭൂതി അമൃതനായിത്തീരുന്നു മുക്തായിത്തീരുന്നു മൃത്യു എന്ന് പറയുന്നതിന്റെ വിപരീത പദമാണ് അമൃതൻ അവൻ മുക്തനായിത്തീരുന്നു മരണമില്ലാത്തവനായിത്തീരുന്നു ബോധം ഉണ്ടാകുന്നതിന് ശേഷം അവൻ മരണമില്ലാത്തവനായിത്തീരുന്നു ഗമനപ്രയോജക മൃത്യോ വിനശാഗമനുപത്തി ീ ജീവിതത്തിൽ ഈ ശരീരത്തിൽ ഇരിക്കെ തന്നെയാ ജീവന് സംഭവിക്കുന്നു എന്നാണ് മോക്ഷം പറയുന്നത് ഗമനപ്രയോജകസ് മരണശേഷം ഗമനം ജീവന് ഗമനം ഉണ്ടാകുന്നു അതിന് പ്രയോജകമായിരിക്കുന്ന എന്താണ് മൃത്യോ മൃത്യു ആണ് ജീവന്റെ ഗതിക്ക് കാരണമായിരിക്കുന്ന പ്രയോജകം കാരണം കാരണമായിരിക്കുന്ന മൃത്യുവാണ് മൃത്യു എന്ന് പറഞ്ഞാൽ അവിദ്യ കാമ കർമ്മങ്ങളാണ് അതാണ് ജീവനെ ജനനത്തിൽ നിന്നും മരണത്തിലേക്കും മരണത്തിൽ നിന്നും ജനനത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്നു അതിനാണ് ഗമനം എന്ന് പറയുന്നത് ജനിക്കുകയും മരിക്കുകയും ചെയ്യുക അതാണ് ജീവന്റെ ഗമനം ആ ഗമനത്തിന് കാരണമായിരിക്കുന്നത് മൃത്യു മൃത്യു എന്ന് പറയുന്നത് അവിദ്യ കാമ കർമ്മങ്ങൾ അതിന്റെ വിനാശ പൂർണമായ നാശമുണ്ട് ഗമന അനുപത്തെഹേ പിന്നെ ഗമനത്തിന് യുക്തിയില്ല വീണ്ടും ജീവന് ഗമനം ഉണ്ടാവുക എന്നുവെച്ചാൽ വീണ്ടും ജനനം മരണം ഇവ സംഭവിക്കുക എന്ന് പറയുന്നത് അനുപന്നമാണ് അയുക്തമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അത്ര ഇഹ് ഇവ ഇവിടെ തന്നെ പ്രദീപ നിർവ്വാണവത് നിർവ്വാണം എന്ന് പറഞ്ഞാൽ അണഞ്ഞു പോവുക പ്രദീപ നിർമ്മാണം വിളക്കണയുക വിളക്കണയുന്നത് പോലെ വിളക്കണയുക എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ മറ്റൊന്നു ശേഷിക്കുന്നില്ല അതീവം എങ്ങോട്ട് പോയി എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല അതുപോലെ എന്നു വെച്ചാൽ ശൂന്യമാകുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പൂർണമായ നാശം ഒന്നും അവശേഷിപ്പിക്കാതെയുള്ള നാശം ഒന്നും അവശേഷിപ്പിക്കാതെ ഈ ബന്ധനങ്ങളെല്ലാം നശിക്കുന്നു എന്നാണ് മരണത്തോടു കൂടി അവസാനിക്കുന്നുണ്ട് പക്ഷെ അവിടെ ബന്ധനം ശേഷിക്കുന്നു ഇവിടെ അങ്ങനെയല്ല പ്രദീപ നിർവാണവത് ഇളക്കണയുന്നത് പോലെ സർവ ബന്ധന ഉപശമ നശിക്കുന്നു അപ്പൊ വെളിച്ചം അണയുന്നു എന്ന ഓമ ഇവിടെ കാണിച്ചത് അതുപോലെ ശൂന്യതക്ക ബന്ധനത്തിന്റെ ശൂന്യത സംഭവിക്കുന്നു എന്നും പറയാം സർവബന്ധനങ്ങളും അവിദ്യ കാമ കർമ്മങ്ങളാണ് ബന്ധനം അതുതന്നെയാണ് മൃത്യു അതിന്റെ ഉപശമം പൂർണ്ണമായ നാശം സംഭവിക്കുന്നു എവിടെ അത്രയവ ഇവിടെ തന്നെ ഈ ശരീരത്തിൽ ജീവന് ഈ ജീവിതത്തിൽ തന്നെ പിന്നീട് എന്ത് സംഭവിക്കുന്നു ബ്രഹ്മ സമശ്വന ബ്രഹ്മം തന്നെയായിത്തീരുന്നു എന്നുവെച്ചാൽ ജീവൻ അല്ലാതായിത്തീരുന്നു എന്നർത്ഥം ബ്രഹ്മ ഏവഭവതി എന്ന് പറഞ്ഞാൽ അതുവരെ ജീവഭാവത്തിലായിരുന്നു പിന്നീട് ആ ബ്രഹ്മം മാത്രം നോക്കുന്നു ആ ജീവഭാവം നശിക്കുന്നു എന്നർത്ഥം അതാണ് ബ്രഹ്മ ഏവഭവതി ഇത്യർത്ഥം അതാണ് അതിന്റെ താല്പര്യം സംഭവിക്കുന്നു മോക്ഷം മരണശേഷം മറ്റൊരു ലോകത്തിലല്ല ജീവന് പിന്നീട് ഗതിയില്ല മുക്തനായി തീരുന്നു അതിന് തടസ്സമായിരിക്കുന്ന സർവ്വകാമങ്ങളെയും നശിപ്പിക്കുന്നതിന് അദ്വൈത ബോധത്തിന് മാത്രമേ ശേഷിയുള്ളൂ എന്നാണ് ഇവിടെ അദ്വൈതയുടെ അഭിപ്രായങ്ങളാണ് അതായത് കാമനകൾ പൂർണമായും നശിക്കണമെങ്കിൽ അദ്വൈത ബോധം കൊണ്ട് മാത്രമേ നശിക്കൂ തന്നിൽ നിന്നും അന്യമായി മറ്റെന്തെങ്കിലുമുണ്ട് എന്നുള്ള ബോധമുണ്ടെങ്കിൽ അതിനെ കാമിക്കും കാമനം നശിക്കത്തില്ല സർവവും താൻ തന്നെ എന്നുള്ള ബോധം മാത്രമേ കാമങ്ങൾ നശിക്കത്തുള്ളൂ കാമങ്ങൾ നശിച്ചാൽ മാത്രമേ മുക്തിയോഗൂ അതാണ് ഇവിടെ സമർത്ഥിക്കുന്നത് ആ യഥാ എപ്പോഴാണോ ഈ കാമാഹാനീടെ ഉള്ളിലുള്ള ഈ കാമാഹ ഏത് കാമനുകളാണോ നിലനിൽക്കുന്നത് അവ മുഴുവൻ പ്രമുച് പൂർണമായും നശിക്കുന്നത് അപ്പോൾ മർത്തിയഹ മരണ സ്വഭാവമുള്ള ജീവൻ അമൃത ഭവതി മരിക്കാത്തവനായിത്തീരുന്നു അത്ര ഈ ശരീരത്തിൽ ഇരിക്കെ തന്നെ ബ്രഹ്മ സമസ്നെ ായിത്തീരുന്നു ഇതും ജീവൻ മുക്തിയെ സമർത്ഥിക്കുന്ന ഒരു മന്ത്രമാണ് മോക്ഷം ജീവിച്ചിരിക്കുക തന്നെ ഉണ്ടാകുന്നു എന്നിവിടെ വ്യക്തമായി പറയുന്നു ൂലത്ത വിനശ കാമങ്ങളുടെ എല്ലാം സമൂലനാശം കാരണസഹിതമായ അനാശം കഥ എപ്പോഴാണ് അത് സംഭവിക്കുന്നത് അത് വിശദീകരിക്കുന്നു ഗ്രന്ഥയ അധ മറ്റോ അമൃതോഭവേ ദ്ധ്യനുശാസനം യേ പ്രഭിന്തി ഭേദം ഉപയാ വിനശ്യത്തിവ ഗ്രന്ഥയോ ഗ്രന്ഥി ദൃഢബന്ധനൂപയാപ്പോഴാണ് സർവേ പ്രഭിദ്യന്തെ അതിനെ വ്യാഖ്യാനിക്കുകയാണ് ഭേദം ഉപയാാന്തി അതിന്റെ അർത്ഥമാണ് വിനശ്യന്തി എന്നർത്ഥം എപ്പോഴാണോ സർവവും നശിക്കുന്നത് സർവവും എന്ന് പറഞ്ഞാൽ എന്താണ് ഹൃദയസ്യ ഹൃദയത്തിന്റെ ബുദ്ധേഹി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അന്ധകർണത്തിന്റെ എപ്പോ ിക്കുന്നു വിഹാന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ജീവതഏവ ജീവിച്ചിരിക്കുക തന്നെ ഒരു ജീവൻ ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുമ്പോ തന്നെ മരണശേഷം എന്താ ഗ്രന്ഥയഹ ഗ്രന്ഥികൾ ഗ്രന്ഥിയെന്ന് പറഞ്ഞാൽ കെട്ടെന്നർത്ഥം ഗ്രന്ഥിക്കാ കെട്ടുക എന്നാണ് കെട്ടുകൾ ബന്ധനങ്ങൾ ഗ്രന്ഥിവ ദൃഢബന്ധന രൂപ ദൃഢമായ ബന്ധനങ്ങളാണ് കെട്ടുപാടുകളാണ് ഇവ എപ്പോഴാണോ നശിക്കുന്നത് അർത്ഥം ദൃഢമായ ഈ ബന്ധനങ്ങൾ എപ്പോഴാണോ നശിക്കുന്നത് ദൃഢബന്ധന രൂപ ദൃഢമായ കെട്ട് എന്താണ് ഇവിടുത്തെ ദൃഢബന്ധനങ്ങൾ അവിദ്യാപ്രത്യഹ അവിദ്യ പ്രത്യയങ്ങൾ അവിദ്യ ജ്ഞാനങ്ങൾ പ്രത്യം എന്ന് വെച്ചാൽ ജ്ഞാനം അവിദ്യ എന്ന് പറഞ്ഞാൽ അജ്ഞാനം പ്രത്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനം അവിദ്യാപ്രത്യം പറഞ്ഞാൽ അജ്ഞാനം കൊണ്ട് ഉണ്ടാകുന്ന ജ്ഞാനങ്ങൾ ഗണവിദ്യാ പ്രത്യയങ്ങൾ അജ്ഞാനം സൃഷ്ടിക്കുന്ന ജ്ഞാനം ഗണവിദ്യാ പ്രത്യയങ്ങൾ ഈ അവിദ്യാപ്രത്യയങ്ങൾ അജ്ഞാന സൃഷ്ടമായിരിക്കുന്ന ഈ ജ്ഞാനങ്ങളെല്ലാം എപ്പോഴാണോ നശിക്കുന്നത് ഇതിലൂടെ ഗ്രന്ഥയ ഗ്രന്ഥികൾ എന്ന് പറഞ്ഞിരിക്കുന്നു പറയും അവിദ്യാഗ്രന്ഥി എന്ന് പറയുന്നത് എന്താണ് അവിദ്യ കൊണ്ട് ഉണ്ടാകുന്ന ജ്ഞാനങ്ങൾ അത് എന്താണത് അടുത്തു പറയുന്നു അഹം ഇതം ശരീരം മമ ഇതം ധനം സുഖി ദുഃഖി ചാഹം ഇത്തീവമാതി ലക്ഷണ ഇതാണ് അവിദ്യാപ്രത്യങ്ങൾ എന്ന് പറയുന്നത് അഹം ഇതം ശരീരം ഞാൻ ഈ ശരീരമാണെന്നുള്ള ബോധം ഇത് അവിദ്യ കൊണ്ടുണ്ടായ അറിവാണ് അജ്ഞാനം സൃഷ്ടിച്ച അറിവാണ് മമ ഇതം ധനം ഈ ധനം എൻ്റെതാണ് അല്ലെങ്കിൽ മറ്റെന്തെല്ലാം ഉണ്ടോ അതെല്ലാം എന്റേതാണ് അപ്പൊ ഞാനെന്നും എൻ്റെതെന്നും ഉള്ള ഞാൻ ഇത് അവിദ്യാപ്രത്യമാണ് ഇതാണ് ഗ്രന്ഥി എന്ന് പറയുന്നത് സുഖി ദുഃഖി ചാഹം ഞാൻ സുഖിയാണ് സുഖം അനുഭവിക്കുന്നവനാണോ ദുഃഖി ഞാൻ ദുഃഖിയാണ് ഇത്യോമാതിരക്ഷണ ഇത്തരത്തിലുള്ളവയാണ് അവിദ്യാപ്രത്യങ്ങൾ എന്ന് പറയുന്നത് ഇതിനെയാണ് ഹൃദയഗ്രന്ഥികൾ എന്ന് പറയുന്നത് അന്ധക്കരണത്തിന്റെ കെട്ടുകൾ അങ്ങനെ ജീവന് ഈ സംസാരവുമായി ബന്ധിപ്പിക്കുന്ന കെട്ടുകൾ ജീവന് ജനന മരണങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ബന്ധനങ്ങൾ ഇതാണ് അവിദ്യാഗ്രന്ഥികൾ ഈ അവിദ്യാ പ്രത്യയങ്ങൾ അല്ലെങ്കിൽ അവിദ്യ ജ്ഞാനങ്ങൾ അവിദ്യ കൊണ്ടുണ്ടാകുന്ന അറിവുകൾ ഇത് ദൃഢമായ ബന്ധന രൂപത്തിലുള്ളവയാണ് ഇവ എപ്പോഴാണോ നശിക്കുന്നത് അഹം ഇതം ശരീരം മമ ഇതം ധനം ദുഃഖിച്ച് അഹം എന്ന് പറഞ്ഞാൽ ഈ വ്യാവഹാരികമായി ണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ അറിവുകളും അവിദ്യാപ്രത്യങ്ങളാണ് അജ്ഞാനകാര്യങ്ങളാണ് ഇത്യവമാതി ലക്ഷണ ഇതെല്ലാം ഇപ്പോഴാണോ നശിക്കുന്നത് എന്നാണ് എങ്ങനെ തദ്വിപരീത ബ്രഹ്മാത്മ പ്രത്യയ ഉപജനനാ ഇതെങ്ങനെ നശിക്കും ഇത് നശിക്കുന്നതിനും മറ്റു യാതൊരു ഉപായങ്ങളുമില്ല മറ്റു യാതൊരു സാധനങ്ങൾ കൊണ്ടും ഇത് നശിക്കത്തില്ല ഈ അവദ്യാപ്രത്യങ്ങപരീതം അഹമിതം ശരീരം മമഇതം എന്നെല്ലാം പറയുന്നതിന് വിപരീതമായിട്ടുള്ള ബ്രഹ്മാത്മപ്രത്യ ഉപജനന അവിദ്യാപ്രത്യത്തിന് വിപരീതമായിരിക്കുന്ന ബ്രഹ്മാത്മപ്രത്യം ബ്രഹ്മാത്മജ്ഞാനം ജീവാത്മ പരമാത്മ ഏകത്വജ്ഞാനം എന്ന് പറയും ആത്മ ഏകത്വബോധം സർവാത്മഭാവം സർവാത്മബോധം അതുകൊണ്ട് അങ്ങനെയാണ് ബ്രഹ്മാത്മ പ്രത്യയ ഉപജനന അതിന്റെ ഉത്പത്തി അതിൻ്റെ ആവിർഭാവം ഏകത്വബോധത്തിൻ്റെ ഉദയം ഉപജനനും എങ്ങനെയാണ് ഏകത്വബോധം ബ്രഹ്മഅഹമസ്മി അഹം താൻ ആ പരമാത്മാവ് തന്നെ അസംസാരി എനിക്ക് സംസാരമില്ല ഇങ്ങനെയുള്ള ഞാൻ ഇതാണ് വിദ്യാപ്രതി മറ്റത് അവിദ്യാപ്രതി വിനഷ്ടേഷു അവിദ്യാഗ്രന്ഥിഷു ഈ ജ്ഞാനങ്ങളുടെ അവിദ്യാഗ്രന്ഥി നശിക്കത്തുള്ളൂ ഹൃദയഗ്രന്ഥികളെല്ലാം നശിക്കുന്നത് ഈ ഏകത്വ ബോധം കൊണ്ടാണ് വിനഷ്ടേഷു അവിദ്യഗ്രന്ഥിഷു ഈ അവിദ്യാഗ്രന്ഥികളെല്ലാം നശിക്കുമ്പോൾ തന്നിമിത്താഹ തന്നിമിത്തമായിട്ടുള്ള ഈ അവിദ്യാഗ്രന്ഥികൾ നിമിത്തമായിട്ടുള്ള കാമാ കാമങ്ങൾ മൂലത സമൂലം നശിക്കുന്നു പറഞ്ഞു കാമത്തിന് കാരണം അജ്ഞാനമാണെന്ന് പറഞ്ഞു അജ്ഞാനത്തിൽ നിന്ന് എങ്ങനെ കാമം ഉണ്ടാകുന്നു എന്നാണ് വരുന്നു അജ്ഞാനത്തിൽ നിന്നും ഹൃദയഗ്രന്ഥികൾ അവിദ്യാപ്രത്യങ്ങൾ ഉണ്ടാകും അവിദ്യാപ്രത്യങ്ങൾ എങ്ങനെ ഞാൻ ഈ ശരീരമാണ് ഇതെന്റേതാണ് അതുപോലെ ഇവൻ അന്യനാണ് ഇത്തരത്തിലുള്ള ബോധങ്ങളുണ്ടാവും ഈ ബോധമാണ് കാമനയ്ക്ക് കാരണം ഞാനെന്നും എന്റേതെന്നുള്ള ബോധം അത് കാമത്തിന് കാരണമാണ് അതിൽ നിന്ന് കാമം ഉണ്ടാകുന്നു അപ്പൊ വിദ്യാപ്രത്യം അല്ലെങ്കിൽ ആത്മബോധം അതുകൊണ്ട് ആ വിദ്യാപ്രത്യങ്ങൾ നശിക്കുന്നു ഞാനെന്നും എൻ്റെ ബോധം നശിക്കുന്നു അങ്ങനെ അതിൽ നിന്നുണ്ടാകുന്ന കാമവും നശിക്കുന്നു അപ്പൊ കാമത്തിന് കാരണമായി സാക്ഷാത്കാരണമായിരിക്കുന്നത് ഞാനെന്നും എൻ്റേതെന്നുള്ള ബോധമാണ് അതാണ് കാമത്തെ ഉണ്ടാക്കുന്നത് ആത്മബോധം കാമത്തെ എങ്ങനെ നശിപ്പിക്കുന്നു ഞാനെന്നും എന്റേതെന്നുമുള്ള ബോധത്തെ ആത്മബോധം നശിപ്പിക്കുന്നു അങ്ങനെ അതിൽ നിന്നുണ്ടായ കാമങ്ങളെയും നശിപ്പിക്കുന്നു അതാണ് തന്നിമിത്താഹ കാമാ ഞാനെന്നും എന്റേതെന്നുമുള്ള ഗ്രന്ഥികൾ അവിദ്യാഗ്രന്ഥികൾ അതിൻ്റാണ് കാമം ഉണ്ടാകുന്നത് തന്നിമിത്തമായിട്ടുള്ള കാമങ്ങൾ മൂലത വിനസിക്കുന്നു അതിനെല്ലാം പൂർണ്ണമായും നശിപ്പിക്കുന്നു ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു അജ്ഞാനകാര്യമായിരിക്കുന്ന അവിദ്യാ ജ്ഞാനങ്ങൾ നശിക്കുന്നു അവിദ്യാജ്ഞാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന കാമങ്ങളും നശിക്കുന്നു എന്നാ ജ്ഞാനം കൊണ്ട് അജ്ഞാനനാശം അജ്ഞാനനാശം കൊണ്ട് അവിദ്യാപ്രത്യനാശം ഞാനെന്നും എന്റേതെന്നുമുള്ള ബോധം അതിൻ്റെ നാശം അതുകൊണ്ട് കാമനാശം അങ്ങനെ കാമം നശിക്കുന്നു എന്നാണ് ഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞ് അങ്ങനെ ഒന്നുകൂടി ഇവിടെ വിശദീകരിച്ചിരിക്കുകയാണ് അപ്പൊ കാമനാശത്തിന് കാരണം എന്താണ് അവിദ്യ പ്രത്യയ നാശം അവിദ്യ ജ്ഞാനങ്ങൾ നശിക്കുന്നു അത് എങ്ങനെ നശിക്കും അജ്ഞാനം നാശം കൊണ്ട് അജ്ഞാനം എങ്ങനെ നശിക്കും ആത്മബോധമുണ്ട് അങ്ങനെയാണ് ആത്മബോധം കാമനാശത്തിന് അതിന്റെ സമൂലമായ നാശത്തിന് കാരണമായി തീരുന്നത് എന്നാണ് അധ മർത്യുവൃതവും അപ്പോൾ മനുഷ്യൻ മരിക്കുന്ന സ്വഭാവമുള്ള മനുഷ്യൻ മുക്തനായിത്തേരുന്നു അതാണ് ഏതാവധി ഹി അനുശാസനം ഏതാവത് ഹി ഏതാവേവ ഏതാവത് മാത്രം അധികം അസ്തി ഇത് ആശങ്ക കർത്തവ്യ അനുശാസനം അനുശിഷ്ടി ഉപദേശ സർവവേദാന്തേഷം അനുശാസനം പറയുന്നു ഉപദേശം അനുശാസന ഉപദേശം അയാളുടെ സർവ ഉപനിഷത്തുകളുടെ പരമമായ ഉപദേശം ഏതാവധി ഏതാവത് മാത്രം ഇത്രയേ ഉള്ളൂ ഇതിനപ്പുറം ഉപനിഷത്തുകൾക്ക് മനുഷ്യനെ ബോധിപ്പിക്കാനൊന്നുമില്ല ഇത്രയേ ഉപദേശിക്കാനുള്ള ഒന്നാണ് ഉപദേശിച്ചതിൽ കൂടുതലില്ല അധികം അസ്ഥിതി ആശങ്ക കർത്തവ്യ അധികം അസ്ഥിതി ആശങ്ക ന കർത്തവ്യ ഇനിയും എന്തെങ്കിലും കൂടി അറിയാനുണ്ട് എന്ന് ശങ്കിക്കേണ്ട ഇത്രയും എന്നാണ് ഇവിടെ പറഞ്ഞതുകൊണ്ട് സർവോപദേശങ്ങളും അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ ഹേവൻ നഗീസിനെ താൻ പറഞ്ഞു വന്ന വിഷയങ്ങൾ അവസാനമായി ബോധിപ്പിക്കുകയാണ് ഇത്രയേ എനിക്ക് ഉപദേശിക്കാനുള്ളൂ ആത്മബോധം കൊണ്ട് കാമനാശം സംഭവിക്കുക അങ്ങനെ ഇവിടെ ജീവിച്ചിരിക്കെ തന്നെ മുക്തി നേടുക ഇത്രയേ ഉപദേശിക്കാനുള്ളു മുക്തിക്ക് തടസ്സമായി നീക്കുന്നത് ഈ കാമങ്ങളാണ് മങ്ങളും നശിപ്പിക്കുക കാമനകളും നശിപ്പിക്കുക അതിനെന്ത് ഉപായം ആത്മബോധം സമ്പാദിക്കുക അല്ല മറ്റുപായങ്ങളൊന്നുമില്ല ആ ഏകത്വബോധം കൊണ്ട് അതിനെ നശിപ്പിക്കുക അങ്ങനെ മുക്തനായി തീരുക എന്നാണ് അത് യമദേവൻ അവസാനമായി ഉറപ്പിച്ചു പറയുകയാണ് ഏതാവധി അനുശാസനം ഇതുവരെ ഉപദേശിച്ചതിന്റെ ചുരുക്കം അതാണ് സർവ്വ ഉപനിഷത്തുകളുടെയും ഉപദേശ സാരം ഇതാണ് അധികം അസ്ഥിതി ആശങ്ക കർത്തവ്യം ഇനി എന്തെങ്കിലും കൂടി ഉപദേശിക്കാൻ ശേഷിക്കുന്നു എന്ന് കരുതേണ്ട കാര്യമില്ല അനുശാസനം അതിന്റെ അർത്ഥമാണ് അനുശിഷ്ടി ഒന്നുകൂടി വിശദീകരിക്കണം ഉപദേശ എന്നിന്റെ സർവവേദാന്താനാണ് ഇത് വാക്യശേഷ എന്നുകൂടി നമ്മളവിടെ ചേർത്തോളണം സർവോപനിഷത്തുകളുടെയും വേദാന്തം എന്നാണ് ഉപനിഷത്ത് സർവോപനിഷത്തുകളുടെയും ഉപദേശം ഇത് തന്നെയാണ് ഇതൊരു അപ്പുറം ഒന്നും ഉപദേശിക്കാനില്ല ഉപദേശം നമ്മുടെ അവ അവസാനിക്കുന്നു അതിന്റെ പ്രായോഗികമായ അനുഷ്ഠാനമാണ് പിന്നീട് ശേഷിക്കുന്ന സൂചിപ്പിക്കുകയാണ് ഉപദേശം കൂടുതൽ കേൾക്കേണ്ട കാര്യം ഇല്ല ഇനി ഉപദേശത്തെ ആവർത്തിക്കുക എന്നുള്ളതേയുള്ളൂ അല്ല പുതിയൊരു ഉപദേശം ഇനിയില്ല ഇതുവരെ ഉണ്ടായ ഉപദേശങ്ങളെ വീണ്ടും അവർത്തി അതാണ് ആചാര്യന്മാരെല്ലാം തുടർന്നു കൊണ്ടിരിക്കുന്നത് ബാക്കി ശേഷിക്കുന്നത് എന്താണ് അതിന്റെ അനുഷ്ഠാനമാണ് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പിന്നെ കൂടുതൽ ഉപദേശിക്കാൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഇതുവരെ ഉള്ള ഉപദേശങ്ങളെ അനുഷ്ഠിക്കുക അതിനെ പ്രായോഗികമാക്കുക എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ ആത്മബോധത്തെ സമ്പാദിച്ച് കാമങ്ങളെ നശിപ്പിച്ചാൽ ഒരുമുക്തനായി തീരാം അതല്ലാതെ മുക്തിക്ക് മറ്റൊരു ഉപായം ഇല്ല എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് മന്ത്രത്തിൽ എപ്പോഴാണോ ഹൃദയസ്യ ഹൃദയത്തിന്റെ അന്ധകരണത്തിന്റെ സർവേ ഗ്രന്ഥയ സർവ കെട്ടുപാടുകളും ഗ്രന്ഥികളും ഇഹ ഈ ശരീരത്തിലിരിക്കെ തന്നെ പ്രഭിത്യൻ തെ പൂർണമായും നശിക്കുന്നത് അധ അപ്പോൾ മർത്യഹ മരണസ്വഭാവമുള്ള മനുഷ്യൻ അമൃത ഭവതി മരിക്കാത്തവനായിത്തീരുന്നു ക്തനായിത്തീരുന്നു ഇത്ര മാത്രമേ ഉള്ളൂ അനുശാസനം വിദ്യതിഗ്രന്ഥേജീവതൂഷ നത്രമസമശ്ലേ ഇവിടെ പറഞ്ഞു വന്ന കാര്യത്തെ ഒന്നുകൂടി സ്പഷ്ടമാക്കുകയാണ് അതായത് ബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത് ജീവന്റെ ഗതിയല്ല ജീവൻ ഈ ശരീരത്തെ വിട്ട് മറ്റേതെങ്കിലും ലോകത്തിലേക്ക് പോകുന്നതല്ല അല്ലെങ്കിൽ മരണസമയം എന്തെങ്കിലും അഭ്യാസം കൊണ്ട് ജീവന് മൂർധാവിലൂടെ നയിച്ച് ബ്രഹ്മലോകത്തിലെത്തിക്കുന്ന അല്ല മുക്തി അങ്ങനെ മറ്റെവിടെയെങ്കിലും എത്തിച്ചേരേണ്ട ആവശ്യം ജീവൻ മുക്തന് ശേഷിക്കുന്നില്ല ഇക്കാര്യം കൂടെ വ്യക്തമാക്കുകയാണ് സർവവിശേഷങ്ങളും അശേഷവിശേഷമായ സർവവിശേഷങ്ങളും നിഷേധിക്കപ്പെട്ട ഒരു തരത്തിനും വിശേഷിപ്പിക്കാൻ കഴിയാത്തതായ വ്യാപി സർവവ്യാപിയായിരിക്കുന്ന ബ്രഹ്മാത്മപ്രതിപത്യ ബ്രഹ്മാത്മ ആ ബ്രഹ്മം ആത്മാവാണ് എന്നുള്ള ബോധം കൊണ്ട് സർവ്യാപിയായിരിക്കുന്ന പരബ്രഹ്മം തന്നെയാണ് താൻ എന്നുള്ള ബോധം കൊണ്ട് ആത്മപ്രതിപത്തി താൻ എന്നുള്ള ബോധം നിരസ്ത അശേഷ വിശേഷ വ്യാപി ബ്രഹ്മ ബ്രഹ്മത്തിന്റെ വിശേഷണമാണ് ആത്മപ്രതിപത്തി അത് തന്നെയാണ് താൻ എന്നുള്ള ബോധം അതായത് ആത്മാവ് സർവ്വവ്യാപകമായിരിക്കുന്നതുകൊണ്ട് സർവവ്യാപകമായിരിക്കുന്ന ആത്മാവാണ് താൻ എന്നുള്ള ബോധം വന്നാൽ പിന്നെ ജീവന് ഗമനത്തിനിടയില്ല പിന്നെ ജീവന് വേറെ സ്ഥലത്തേക്ക് പോകാൻ കഴിയത്തില്ല സഞ്ചരിക്കാൻ കഴിയില്ല താൻ ഈ ശരീരമാണ് എന്ന് കരുതുമ്പോഴാണ് ഗമനം യാത്ര ഒരു സ്ഥലം വേറെ സ്ഥലത്തേക്ക് പോകണമെന്ന് തോന്നുന്നു അവിടെ ദേശഭേദമുണ്ട് കാലഭേദമുണ്ട് ആത്മാവിന് ശരീരം എന്ന് പറയുന്ന പരിചിത്തി പരിമിതി അത് ഉള്ളിടത്തോളം കാലം അതുകൊണ്ട് എന്നുള്ള ബോധം ഉള്ളിടത്തോളം കാലം ദേശഭേദം അനുഭവപ്പെടുന്നു ദേശഭേദം അനുഭവപ്പെടുന്നിടത്താണ് യാത്ര വരുന്നത് ഈ ദേശം മറ്റൊരു ദേശത്തേക്ക് പോകണമെന്ന് തോന്നുന്നത് പക്ഷെ ഇവിടെ എന്ന് പറയുന്നു സർവ്യാപിയാണ് താൻ സർവദേശത്തിനും ആധാരമായിരിക്കുന്നതാണ് താൻ എന്ന് സാക്ഷാത്കരിച്ച ഒരുവന് പിന്നെ എവിടേക്ക് പോകാനാണ് അവന് പിന്നീട് യാത്രയില്ല പ്രഭിന്ന സമസ്ത അവിദ്യ അവിദ്യാഗ്രന്ഥികളെല്ലാം പൂർണമായും നശിച്ചവൻ പ്രഭിന്നമായി പൂർണ്ണമായും നശിച്ച സമസ്ത അവിദ്യാധി ഗ്രന്ഥേഹി നേരത്തെ പറഞ്ഞ അവിദ്യ കാമ കർമ്മങ്ങളാകുന്ന കെട്ടുകൾ അതെല്ലാം പൂർണ്ണമായും നശിച്ചവൻ ജീവതൂതെ തന്നെ ബ്രഹ്മസ്വരൂപനായി തീർന്നുവൻ മരണശേഷമല്ല മറ്റേതെങ്കിലും ലോകത്ത് പോയിട്ടല്ല ബ്രഹ്മലോകത്തൊന്നും പോയിട്ടല്ല അതാണ് പറഞ്ഞാൽ ഈ ശരീരത്തിൽ ഇരിക്കെ തന്നെ ആത്മബോധം നേടിയവൻ അതാണ് വിദുഷ വിദ്യതെ ഇത്യുക്തം അവനുഗതി മറ്റൊരു ഗതി അതായത് ശരീരനാശത്തിന് ശേഷം ഉള്ള മറ്റൊരു ഗതി ഇല്ല ഇത്യുക്തം ഇക്കാര്യം മുമ്പ് പറഞ്ഞിട്ടുണ്ട് എവിടെ പറഞ്ഞു അത്ര ബ്രഹ്മസമശുനത ഇത്യുക്തത്വം അതാണ് പറഞ്ഞത് അത്ര ബ്രഹ്മ സമശുനതി അത്ര എന്ന് വെച്ചാൽ ഇവിടെ തന്നെ എന്ന് പറഞ്ഞു ഈ ശരീരത്തിൽ ഇരിക്കെ തന്നെ അവൻ മുക്തനായിത്തീരുന്നു അപ്പൊ മോക്ഷത്തെ സംബന്ധിച്ച് ഒരിക്കലും അങ്ങനെ ആശങ്ക വേണ്ട മരണശേഷമാണ് അല്ലെങ്കിൽ മരണസമയത്ത് കാണിക്കുന്ന എന്തെങ്കിലും ഒരു അഭ്യാസം കൊണ്ട് എന്തെങ്കിലും സമാധിയിലൂടെ മരണത്തിന് ശേഷം മോക്ഷത്തെ നേടുന്നു അങ്ങനെയൊന്നും ധരിക്കരുത് മരിക്കാൻ നേരിട്ട് സമാധി വരും വന്നിട്ട് അപ്പോ പ്രത്യേകിച്ച് മോക്ഷം നേടണം അങ്ങനെയൊന്നും ധരിക്കേണ്ട അതുകൊണ്ട് പറഞ്ഞു അത്ര ബ്രഹ്മസമയ ശരി ഇപ്പോ തന്നെ മരണത്തിന് മുമ്പ് ഈ ശരീരത്തിൽ ഇരിക്കെ തന്നെ നിർത്തും പ്രാണ ഉത്രാമന്തി അങ്ങനെ ഒരു ധാരണ ഉണ്ടല്ലോ മരണസമയത്ത് ഭൂർദാവിലൂടെ ജീവൻ പോയി വേറെ ഏതോ ലോകത്തെത്തി മോക്ഷം നേടണം അതിനുവേണ്ടി പത്മാസനത്തിൽ ഇരിക്കണോന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പറയുന്നു അങ്ങനെയൊന്നും സംഭവിക്കേണ്ട നത്തസ്യ പ്രാണാഹ ഉക്രമന്തി ഞാനീടെ പ്രാണന് എന്നുവെച്ചാൽ ജീവന് ഉത്ക്രമണം സംഭവിക്കുന്നില്ല ഏതെങ്കിലും തരത്തിൽ ഈ ശരീരം വിട്ട് മറ്റെവിടേക്കെങ്കിലും പോവുക എന്നുള്ളത് സംഭവിക്കുന്നില്ല പിന്നെ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു ഈശ്വരനെ പ്രാപിക്കുന്നു എന്നൊക്കെ പറയുന്നതോ അറിയുന്നു ബ്രഹ്മേവസൻ ബ്രഹ്മി ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വരൂപമായി തീരുന്നു എന്ന അർത്ഥമാണ് അല്ലാതെ ഇതെല്ലാം വിട്ടിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് ധരിക്കരുത് എന്ന് ബൃഹദാരുണ്യ വംശത്ത് പറയുന്നതാണ് ബ്രഹ്മേവസൻ അവിടെ പ്രാധാന്യം ബ്രഹ്മേവസൻ എന്നുള്ളതാണ് ബ്രഹ്മമായി തന്നെ ഇരുന്നുണ്ട് ്രഹ്മീതി അപ്പോ അതിനെ മനസ്സിലാകുന്നതിന് വേണ്ടി ചിലപ്പോൾ നമ്മളോട് പറയും ബ്രഹ്മത്തെ പ്രാപിക്കുന്നു മോക്ഷത്തെ പ്രാപിക്കുന്നു പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം വിട്ട് വേറെ സ്ഥലത്ത് പോയി മറ്റൊന്നിനെ പ്രാപിക്കുക എന്നുള്ള അർത്ഥത്തിലൊന്നും അത് പ്രാപിക്കുക എന്ന് പറയുന്നതിന് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുന്നേ ഉള്ളൂ അത് ബ്രഹ്മീവസൻ അവൻ ബ്രഹ്മസ്വരൂപമായി തീരുന്നു അജ്ഞാന നാശ സംഭവിച്ച് അതാണ് മോക്ഷം എന്ന് പറയുന്നത് സ്വരൂപത്തിൽ സ്ഥിരീകരിക്കുന്നത് അല്ലാതെ ഒരു സ്ഥലം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നതല്ല എന്തെങ്കിലും അഭ്യാസങ്ങളിലൂടെ അത് നേടിയെടുക്കുന്നതല്ല ഇത് ശ്രുതി എന്തെല്ലാം വെച്ചു പറയുന്നത് ജ്ഞാനം ആത്മബോധമുണ്ടാകുക അജ്ഞാനം നശിക്കുക എന്നുള്ളതല്ലാതെ അവിടെ മറ്റ് പ്രക്രിയകളൊന്നും അവിടെ ഇല്ല മറ്റ് പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു അഭ്യാസ് മോക്ഷം നേടാൻ വേണ്ടിയിട്ട് മരണസമയത്ത് ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു അഭ്യാസം പ്രത്യേകിച്ച് ഒരു സമാധി ഒന്നും ആവശ്യമില്ല എന്നർത്ഥം കാരണം മരിക്കുന്നതിന് മുമ്പ് തന്നെ മരണമെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന ശരീരനാശം ശരീരനാശത്തിന് മുമ്പ് തന്നെ ഞാൻ മുക്തനായി കഴിഞ്ഞു ഇനി ശരീരനാശ സമയത്ത് മോക്ഷത്തിന് വേണ്ടി നമ്മൾ പറയാറുണ്ടല്ലോ നമ്മുടെ ഗുരു അവസാന സമയത്ത് ചമ്പ്രം പടിഞ്ഞിരുന്ന് ശിരസ് പൊട്ടിച്ച് അതുവഴി നേരെ എവിടെ പോയി എന്നൊക്കെ പറയാറുണ്ടല്ലോ അങ്ങനെ ഒരു അഭ്യാസങ്ങളും വേണ്ട എന്നിവിടെ പറയുന്നു ബ്രഹ്മേവസം അതൊക്കെ നേരത്തെ തന്നെ സംഭവിച്ചു കഴിഞ്ഞു മോക്ഷം ബ്രഹ്മീതി എന്നാണ് അതങ്ങനെ ആണ് ശരിയായ രീതിയിലുള്ള മോക്ഷം അതാണെന്ന് ധരിച്ചിട്ടാണ് മരിക്കത്ത സമയത്ത് കൈയും കാലും ഒക്കെ പിടിച്ച് കൂട്ടിക്കെട്ടി വെച്ച് വടി പോലെ ഇരുത്തി സമാധിയിരുത്തുന്നവര് ജനത്തെ പറ്റിക്കാൻ വേണ്ടി അതിന്റെ ഒന്നും ആവശ്യം ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത് നേരത്തെ തന്നെ ബ്രഹ്മീവസൻ ബ്രഹ്മസ്വരൂവുമായി തന്നെ ബ്രഹ്മപേരി മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നാൽ ഇങ്ങനെ അല്ലാതെ മോക്ഷം ഇല്ലേ അതിനെ നിഷേധിക്കുന്നില്ല മറ്റ് ഈ അവസാന സമയത്ത് ഇങ്ങനെ സമാധിയിൽ പോകുന്ന ഒരു മോക്ഷമുണ്ടല്ലോ ആ മോക്ഷവും ശ്രുതി പറയുന്നുണ്ട് അതാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത് അതുകൊണ്ട് അതിനെ നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞല്ല പക്ഷെ മോക്ഷം അതാണ് എന്ന് നമ്മൾ ധരിച്ചു കളയരുത് അങ്ങനെ ആയാൽ മോക്ഷമാകൂ എന്ന് ധരിക്കേണ്ട ഇനി ആർക്കെങ്കിലും അങ്ങനെ നേടണമെങ്കിൽ അതുമാകാം അങ്ങനെ ഒരു മോക്ഷമുണ്ടെന്നാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത് മന്ദബ്രഹ്മവിദോ പറയുന്നു ഇനി അങ്ങനെയും സമാധി നേടാം അങ്ങനെയും മോക്ഷം നേടാം നമ്മൾ ഈ സാധാരണ ധരിച്ചു വന്നിരിക്കുന്ന രീതി ഇതെന്താണ് അവസാനം മരണസമയത്ത് അത് സംഭവിക്കാറായി എന്ന് മനസ്സിലാകുമ്പോൾ ചില അഭ്യാസങ്ങളിലൂടെ ജീവനെ മൂർധാവിലൂടെ നയിച്ചും മോക്ഷത്തെ നേടാം അതായത് ശ്രുതി പരമാർത്ഥത്തെ പറയുമ്പോൾ ഒന്നിനെ ആത്യന്തികമായി നിഷേധിക്കുന്നില്ല അതാണ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് അദ്വൈതം സർവത്വം ഉൾക്കൊള്ളുന്ന ഒന്നാണ് അതിന് ഒന്നിനെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് അതിന്റെ സ്ഥാനത്തിൽ അതിനെ ഉൾക്കൊള്ളുന്നില്ല എന്നർത്ഥമില്ല പാരമാർത്ഥികമായി ഒന്നിനെ ഉൾക്കൊള്ളുന്നുണ്ട് ഓരോന്നിനും അതാതിന്റെ സ്ഥാനത്ത് അംഗീകരിക്കുന്നുണ്ട് ഇങ്ങനെ അവസാന സമയത്ത് അഭ്യാസം ബലത്തിലൂടെ സമാധിയെ നേടി മോക്ഷത്തെ പ്രാപിക്കുന്നവനെന്താണ് ഇവിടെ പറയുന്നത് ഭാഷകാരൻ മന്ദബ്രഹ്മ മന്ദബ്രഹ്മാനി എന്നാണ് നമ്മൾ സാറിന് മന്ദബുദ്ധി എന്നൊക്കെ പറയുന്നത് മന്ദബ്രഹ്മവിധ എന്നർത്ഥം ശരിയായ ആത്മബോധം വന്നവനല്ല എന്നാൽ നമ്മളെയൊക്കെ ഭേദപ്പെട്ടയാളാണ് മന്ദബ്രഹ്മ വിദ്യാന്തരശീലിന വിദ്യാന്തരശീലിയാണ് വിദ്യ എന്ന് പറഞ്ഞാൽ ഉപാസന വിദ്യാന്തരം എന്ന് വെച്ചാൽ അന്യോപാസന ശീലിക്കുന്നവൻ അന്യോപാസനകൾ ശീലിക്കുന്നവനും നടത്തും ആത്മബോധമല്ല അത് ഉപാസനയുടെ ഫലമാണ് മന്ദബ്രഹ്മ മന്ദബ്രഹ്മത്താണ് ശരിയായ ആത്മബോധം കൈവന്നിട്ടില്ല എന്നാൽ വിദ്യാന്തരശീല മറ്റുപാസനകൾ ശീലിക്കുന്നോണ്ട് അവരെന്ത് ചെയ്യുന്നു ബ്രഹ്മലോകത്തെ ഭജിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ബ്രഹ്മലോകത്തെത്തിച്ചേരുന്നു മോക്ഷത്തിന് വേണ്ടി അവർക്ക് നേരത്തെ പറഞ്ഞ അത്രയ ഇഹ എന്നെല്ലാം പ്രത്യേകിച്ച് പറയുന്നത് എന്താണ് ശരിയായ ആത്മബോധമുള്ളവന് ഈ ശരീരം മുറി ഈ ശരീരം വിട്ട് മറ്റൊരു ലോകം വേണ്ട ഈ ശരീരത്തിൽ ഇരുന്ന് തന്നെ മോക്ഷത്തെ പ്രാപിക്കുന്നു പക്ഷേ മന്ദബ്രഹ്മത്താണെങ്കിൽ ആത്മബോധം ശരിക്ക് ഉള്ളിൽ പ്രകടമാവുന്നില്ലെങ്കിൽ ബ്രഹ്മലോകഭജ അയാൾക്ക് ഈ ലോകത്ത് അതായത് ഈ ശരീരത്ത് മോക്ഷം നേടാൻ കഴിയില്ല ബ്രഹ്മലോകത്ത് പോകേണ്ടി വരും ബ്രഹ്മലോകഭജ ബ്രഹ്മലോകത്ത് പോകേണ്ടി വരും ഏജ തദ്വിപരീതാഹ സംസാരഫലം നിത ഒന്നുമില്ലാത്തവരുണ്ട് സംസാരഫലം ഈ ശരീരങ്ങളെ തന്നെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നവർ തദ്വിപരീത രണ്ടു കൂട്ടർക്കാണ് ജീവന് ഗതിയുള്ളത് ഒന്ന് ഇവിടെ നിന്ന് നേരെ ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നത് അവർ വളരെ ഉയർന്ന തരത്തിലുള്ള സാധകന്മാരാണ് മരണസമയത്ത് അവരുടെ അഭ്യാസ ബലം കൊണ്ട് ജീവനെ നാടിയിലൂടെ നയിച്ച് ൂടെ ബ്രഹ്മലോകത്തിലെത്തിക്കും അത് ഉപാസനകൾ ശീലിക്കുന്നവർ അത് വലിയ ഉയർന്ന തരത്തിലുള്ള സാധകന്മാർ ഏക തദ്വിപരീത ഇതിന് നേരെ വിപരീതമായിട്ടുള്ളവരുണ്ട് സംസാര ഭാജ ഈ സംസാരത്തെ തന്നെ ആവർത്തിച്ചാവർത്തിച്ച് പ്രാപിച്ചു കൊണ്ടിരിക്കുന്നവർ ഏവഗതി വിശേഷം ഉച്ചതേ അവർക്ക് വേണ്ടിയിട്ടാണ് ഗതികളെ കുറിച്ച് ശ്രുതി പറയുന്നത് ഒന്ന് ബ്രഹ്മലോകത്തിലേക്കുള്ള ഗതി യാത്ര മറ്റൊന്ന് ഈ ലോകത്തിൽ തന്നെയുള്ള യാത്ര പ്രകൃത ഉത്കൃഷ്ട്രഹ്മവിദ്യ ഇവിടെ പറയുന്ന വളരെ ഉത്കൃഷ്ടമായ ബ്രഹ്മവിദ്യ ആ ബ്രഹ്മവിദ്യ സ്തുതിക്കുന്നതിന് വേണ്ടി ആ ബ്രഹ്മവിദ്യയുടെ ഫലം അതിന്റെ മഹത്വത്തെ പറയുന്നതിന് വേണ്ടി മറ്റ് ഗതികളെ കുറിച്ച് പറയുകയാണ് അത് പറയും എന്താണ് മറ്റ് മറ്റൊന്നിനെ നിന്ദിക്കുന്നത് പോലും അല്ലെങ്കിൽ നിന്ദിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നത് പോലും ആ ബ്രഹ്മവിദ്യയുടെ മഹത്വത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ മറ്റൊന്നിനെ നമ്മളെ പ്രത്യേകിച്ച് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് അതാണ് പ്രകൃത ഉത്കൃഷ്ട്രഹ്മവിദ്യാഭ്യാസം ഇവിടെ ഉപനിഷത്ത് ഈ പ്രകടനത്തിൽ ചർച്ച ചെയ്യുന്ന ഉത്കൃഷ്ടമായ ബ്രഹ്മവിദ്യ അതായത് ജീവാമ പരമാകത്വ ബോധം അതിന്റെ ഫലമായി വരുന്ന മുക്തി അതിനെ സ്തുതിക്കുന്നതിന് വേണ്ടി മറ്റു ഗതികളെ കുറിച്ച് പറയുകയാണ് അല്ല അത് മുഖ്യമെന്നുള്ള തരത്ത് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണമെന്ന തരത്തിൽ അതിനെ നമുക്ക് ബോധിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടല്ല അത് മാത്രമല്ല ഇവിടെ ഉപനിഷത്തിൽ കിഞ്ച അന്യ അഗ്നി വിദ്യ പ്രശ്നം നാജിക അഗ്നി വിദ്യയെക്കുറിച്ചും ചോദിച്ചു സ്വർഗഫലത്തെ കിട്ടുന്ന വിദ്യ എന്താണ് എന്ന് ചോദിച്ചു പ്രത്യുക്താച്ച മറുപടിയും പറഞ്ഞു യമദേവൻ അത് പറയുകയും ചെയ്തു അപ്പൊ ഇവിടെ നിർഗുണ ബ്രഹ്മവിദ്യ മാത്രമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് മനുഷ്യന് മറ്റുപാസനയെ കുറിച്ച് നജീകേശന് ഉപദേശിച്ചു കൊടുത്തു നാചികേതാഗ്നി കർമ്മ സമുച്ചയം അത് പറഞ്ഞുകൊടുത്തു പല വിദ്യകളും കൂടെ ഉപദേശിക്കുന്നുണ്ട് കാരണം അധികാരി ഭേദമനുസരിച്ച് എല്ലാവർക്കും ഈ പറയുന്ന നിർഗുണബ്രഹ്മവിദ്യ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല അത് കഴിയാത്തവർക്ക് നേരത്തെ പറഞ്ഞു ഗൃഹസ്ഥന്മാർ പഞ്ചാഗ്നി വിദ്യയും മറ്റു സ്വീകരിക്കുന്ന ഗൃഹസ്ഥന്മാർ തൃണാച്ചിക്കേത്ത മൂന്ന് തവണ നജീകേഴ്സിന് ഉപദേശിച്ചുകൊടുത്ത അഗ്നി വിദ്യ ഇങ്ങനെയൊക്കെ പലരെ പറയുന്നുണ്ട് ഭേദമനുസരിച്ച് പലതരത്തിലുള്ള ഉപാസനകൾ കർമ്മങ്ങൾ ഉപാസന കർമ്മ സമുച്ചയങ്ങൾ എല്ലാം അനുഷ്ഠിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെ പല ഉപദേശങ്ങളും ഈ ഉപനിഷത്തിൽ വന്നിട്ടുള്ളത് കൊണ്ട് പ്രകാരവും ഈ പറയുന്ന നാനാവിധത്തിലുള്ള ഉപാസനകൾ അല്ലെങ്കിൽ ജ്ഞാനകർമ്മസമുച്ഛയം ഇതിന്റെ എല്ലാം ഫലപ്രാപ്തിപ്രകാരം ഫലപ്രാപ്തിക്കുള്ള വിശേഷതകൾ വക്തവ്യ അതും പറയേണ്ടതുണ്ട് അതിനി ശേഷിക്കുന്നു പറയാൻ മുഖ്യമായതിനാദ്യം പറയുക പ്രധാനപ്പെട്ടതിന് ആദ്യം പറയുക എന്നുള്ള ന്യായമനുസരിച്ച് ആദ്യം ഇവിടെ ബ്രഹ്മവിദ്യയുടെ മുഖ്യ ബ്രഹ്മവിദ്യയുടെ ഫലത്തെ പറഞ്ഞു അത് പരമാത്മപ്രാപ്തിയാണ് ജീവാത്മ പരമാത്മ ഏകത്വ ബോധത്തിലൂടെയുള്ള ജീവൻ മുക്തിയാണെന്ന് പറഞ്ഞു ഇനിയും ബാക്കി പലതും പറയാൻ ശേഷിക്കുന്നുണ്ട് നൽകിയ പലതും ചോദിച്ചിട്ടുണ്ട് അത് പറയുന്നതിന് വേണ്ടി സസ്യസ്ത്ര ഫലപ്രാപ്തി പ്രകാരോ വക്തവ്യ മറ്റുപാസനകളുടെ ഇമറ്റും ഫലം പലതാണ് അത് പറയേണ്ടതാണ് ഇതി മന്ത്രാരംഭ അതിനുവേണ്ടിയിട്ടാണ് അടുത്ത മന്ത്രം എന്നാണ് എന്നിട്ട് ഇതുവരെ പറഞ്ഞു വന്ന പ്രകടനം ഇവിടെ അവസാനിച്ചു എന്നാൽ ഇനി പറയേണ്ടത് ശേഷിക്കുന്നുണ്ട് ഇവിടെ ഉപനിഷത്തിൽ നിർഗുണ ബ്രഹ്മവിദ്യ മാത്രമല്ല പറയുന്നത് നജീസ് ആവശ്യപ്പെട്ടത് മാത്രമല്ല അതിന് നൈഎസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇനിയും മറുപടി അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അടുത്ത് പറയുന്നതെന്നാണ് തത്ര എന്ന് പറഞ്ഞു വൈദികമായ ഉപാസനകൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം വൈദികമായ ഉപാസനകളുണ്ട് വൈദികമല്ലാത്ത ഉപാസനകളുണ്ട് അപ്പൊ ആ വൈദികമായ ഉപാസനകൾ അതിന്റെ ഫലം എന്താണെന്ന് പറയുകയാണ് മറ്റ് യോഗം തന്ത്രം എല്ലാത്തിൻ്റെയും മൂലഭൂതമായിരിക്കുന്നത് ശ്രുതി തന്നെയാണ് ശ്രുതിയിൽ നിന്നാണ് ബാക്കിയുള്ള സർവ ഉപാസനകളും മറ്റ് സാധനമാർഗങ്ങളും എല്ലാം ആചാര്യന്മാർ ആവിഷ്കരിച്ചിട്ടുള്ളത് അതിനെ ആശ്രയിച്ചിട്ടാണ് അതുകൊണ്ട് സാധാരണ യോഗമാർഗങ്ങളിലും തന്ത്രമാർഗങ്ങളിലും എല്ലാം പറയുന്ന മോക്ഷത്തെ അതിനെ ഇവിടെ സൂചിപ്പിക്കുകയാണ് അങ്ങനെയും ഒരു മോക്ഷം കൊണ്ട് തന്നെ നിഷേധിക്കുന്നില്ല തത്ര അടുത്തു പറയുന്നു തയോർധം ആയൻ അമൃതത്വമേതി มิสงัณญาุตระมะเน భవந்தி ఇది మనం అర్థ క్లాసు చర్చ చేద్దాం సఃవల తో సహమేయం പൂർണമാണമേ വശിഷ്യേ ഓം സ